മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പാപം ഈ ലോകത്തിലെ പ്രവേശിച്ചതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ ഈ പ്രപഞ്ചത്തിൽ ലൂസിഫറിൻ്റെ നികളത്തിലൂടെ പാപം വന്നു എന്നാൽ റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് മാനവരാശിയിൽ പാപം കടന്നത് ഏകമനുഷ്യനാലാണ് ആദത്തിൻ്റെ ലംഘനത്താൽ പാപം ലോകത്തിൽ കടന്നു ഈ ഇങ്ങനെ പ്രവേശിച്ച ഈ പാപം ആ പാപം നമ്മളെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മൂന്ന് തരത്തിൽ നമ്മുടെ നേരെ അത് വരികയും ആ ആ നിലയിൽ ആ പാപം നമ്മളെ കീഴ്പ്പെടുത്താനായിട്ട് വിശ്വാസത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് ശ്രമിക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം ഈ പാപം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിൽ നമ്മുടെ മൂന്ന് ആ നിലയിലുള്ള നമ്മുടെ മനോഭാവങ്ങളെ നമ്മുടെ ആ നിലയിലുള്ള ജഡത്തെയും ആത്മാവിനെയും ദേഹിയെയും ഉന്നം വെച്ച് മൂന്ന് തരത്തില് പ്രവർത്തിക്കുന്നുണ്ട് അത് പ്രവർത്തിക്കുമ്പോൾ ആ പാപത്തിന് ബൈബിളില് ലോകം ജഡം പിശാജ് എന്ന മൂന്നായിട്ട് തിരിച്ചാണ് നമ്മളതിനെ കാണുന്നത് ലോകം വേൾഡ് ജഡം ഫ്ലഷ് പിശാജ് ഡവിൾ ഇങ്ങനെയുള്ള മൂന്ന് തന്ത്രങ്ങളിലൂടെയാണ് പിശാജ് നമുക്കെതിരെ വിശ്വാസികളെ വീഴ്ത്തി കളയാനുമൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഒന്നിയോഹന്യാൻ രണ്ടാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഈ ലോകം ജഡം പിശാജ് എന്ന് നമ്മൾ അക്കമിട്ട് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു എന്ന് യോഹനാൻ അപ്പുസ്തലൻ പറയുന്നു ജഡമോഹം എന്ന് പറയുന്നത് നമ്മുടെ ജഡീകമായ ഇച്ഛകളെ അതിനെ ഉണർത്തി ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് കൺമോഹം എന്ന് പറയുന്നത് ലോകം ലോകത്തിൻ്റെതായ ആ നിലയിൽ വശീകരണങ്ങളെ നമ്മളെ കാണിച്ച് അതിന് കീഴ്പ്പെട്ട് പോകാനായിട്ടുള്ള ശ്രമമാണ് ലോകം ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുമ്പോൾ ഈ പിശാജ് ലൂസിഫറെ പിശാജായി തീർന്നത് അവനെ തന്നെ ആക്കി വെച്ചെടുത്ത് തൃപ്തനല്ലാതെ മുകളിലേക്ക് പോകാനായിട്ട് ഒരു പ്രതാപം അന്വേഷിച്ച് ഒരു നികളത്തിൽ പോയാണല്ലോ പിശാജായി തീർന്നത് ആ നിലയിൽ ഈ ലോകത്ത് ദൈവം നമുക്കാക്കി വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് പോകാനുള്ള ആ നിലയിലുള്ള പരീക്ഷകളെയാണ് പിശാജ് ഡബിൾ എന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ ലോകം നമ്മളെ ഈ നിലയിൽ ഇന്നത്തെ ലോകത്തിൻ്റെ വശീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ജഡം നമ്മളെ ഈ ശരീരത്തിൻ്റെ ഇച്ഛകളിൽ മുഴുകി ദൈവകൽപ്പന ലംഘിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു പിശാജ് എന്ന് പറയുന്ന ആ തന്ത്രം അത് നമ്മളെ ദൈവത്തിനെതിരെ ആത്മാവിൽ ദൈവത്തോട് മത്സരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു ഈ മൂന്ന് രീതികളാണ് പിശാജ് ലോകം ജഡം പിശാജ് എന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇതേ കാര്യം തന്നെ എഫ് എ സിക്ക് എഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും ലോകം ജഡം പിശാച്ച് ഈ മൂന്ന് കാര്യങ്ങളെയും എഫ് എ സി രണ്ടിൻ്റെ രണ്ടിലും മൂന്നിലും വിശദമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എഫ് എസ് എസ് രണ്ടിൻ്റെ രണ്ട് നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസ്ർണക്കേടിൻ്റെ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ രണ്ട് വാക്യങ്ങൾ എഫ് എ സി രണ്ടിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ലോകം ജഡം പിശാച ഈ മൂന്ന് കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ നേരത്തെ ഒന്നിയോഹന്യൻ രണ്ടിൻ്റെ പതിനാറിൽ കണ്ട ആ മൂന്ന് കാര്യങ്ങളും ഇവിടെയും വരുന്നുണ്ട് ഇവിടെ നോക്കുക അതിൻ്റെ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ഈ ലോകത്തിൻ്റെ കാലഗതി എന്ന് പറഞ്ഞാൽ ഈ ലോകം അത് ഓരോ കാലഘട്ടത്തിൽ പലതരത്തിൽ നമ്മളെ ആകർഷിക്കും ഈ ലോകത്തിലേക്ക് നമ്മെ വശീകരിക്കും ഈ ലോകത്തിലേക്ക് ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്ക് നമ്മെ വശീകരിക്കുന്ന പിശാചിൻ്റെ ആ തന്ത്രത്തെയാണ് ലോകം എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ ഈ കാര്യം നോക്കുമ്പോൾ ഇത് വിശ്വാസികളായ ആളുകളെയും ഈ ലോകത്തിലേക്ക് തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി സാത്താൻ പല കാലങ്ങളിൽ പയറ്റിയിട്ടുണ്ട് അവന് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട് നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ നമുക്കൊരു വാക്യം നോക്കാം രണ്ട് തീമത്യോസ് നാലാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നത് അപ്പോസലിനായ പൗലോസ് തൻ്റെ അവസാന ലേഖനത്തിൽ തൻ്റെ സഹപ്രവർത്തകരായ ചിലരെ കുറിച്ചൊക്കെ എഴുതുമ്പോൾ അതിൽ ദേമാസിനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി എന്നുവെച്ചാൽ എന്താ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി പൗലൂസിനോടുകൂടെ പ്രവർത്തിച്ച ആളാണ് ദേമാസ് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൽ വിലയുള്ളത് ഈ ലോകത്തിൻ്റെ നേട്ടം അംഗീകാരം ഇഹലോകത്തിൻ്റെ ചിന്തകൾ ഇതൊക്കെയും അവനെ കീഴ്പ്പെടുത്തിയപ്പോൾ അവനെന്തായി പോയി ഈ ലോകത്തെ സ്നേഹിച്ച് അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ എഫ് എസ് രണ്ടിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെ എന്ന് പറയുന്ന അത്രയും ഭാഗം ലോകം എന്ന് പറയുന്ന പിശാജിൻ്റെ ആ നിലയിലുള്ള ആകർഷണത്തിലാണ് ദേമാസു വീണു അതുപോലെ തന്നെ അപ്പോസ്ലെ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെയും ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ വളരെ ശ്രദ്ധേയരായിട്ട് നിന്നിരുന്ന ഒരു ദമ്പതികളെ അനന്യാസ് സഫീറ എന്നിവരെ എന്തു ചെയ്തു പിശാജ് ഈ ലോകം എന്നുള്ള ആകർഷണത്തിൽ വീഴ്ത്തിക്കളഞ്ഞു ധനത്തിൻ്റെ വഞ്ചന ഈ ലോകത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ ധനം വേണം അങ്ങനെ ആ ഒരു വഞ്ചനയിൽ അനന്യാസനെയും സഫീറേയും പെടുത്തി ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസികളെ ലോകം എന്നുള്ള തൻ്റെ തന്ത്രം ഉപയോഗിച്ച് പിശാച വീഴ്ത്തിക്കളയും നിങ്ങൾ ഈ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ഈ ലോകത്തിൻ്റെ കാലഗതി അതാണ് ലോകം എന്ന പറയുന്ന ഭാഗം രണ്ടാമത് ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവൻ അതാരാണ് അത് സ്വർലോകങ്ങളിലെ ആകാശത്തിലെ അധികാരം അതുപോലെ അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതി ഇത് രണ്ടും പിശാചിനെ കുറിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു ലോകം ജടം പിശാജ് ഈ പറഞ്ഞ ഭാഗം ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി എന്ന് പറയുന്നത് പിശാജാണ് നമുക്കറിയാമല്ലോ പിശാചിനെ ദൈവം എന്തു ചെയ്തു മൂന്നാം സ്വർഗത്തിൽ നിന്ന് രണ്ടാം സ്വർഗത്തിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു അവിടെ അവനീ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയായിട്ട് നടക്കുന്നു അതുകൊണ്ടാണ് ആകാശത്തിലെ അധികാരം എന്നവനെ അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അനുസരണക്കേടിൻ്റെ മക്കൾ ലൂസിഫറ് പിശാജായത് അനുസരണക്കേട് കാട്ടിയിട്ടാണല്ലോ അതൊരു ആത്മാവാണ് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതി എന്ന് പറയുന്നതും പിശാചിനെ തന്നെയാണ് നമ്മളപ്പം ലോകം പിശാജ് ഇത് കണ്ടു ഈ എഫ് എസ് എ രണ്ടിൻ്റെ മൂന്ന് നോക്കുക നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ ജഡേച്ഛകളിൽ ജഡത്തിൻ്റെ ഇച്ഛകളിൽ അതാണ് പിശാജ് വിശ്വാസിയെ വീഴ്ത്തിക്കളയാനായിട്ടുള്ള അവൻ്റെ മൂന്നാമത്തെ തന്ത്രം കണ്ടോ അപ്പോൾ മൂന്ന് നിലയിലാണ് പിശാജ് നമ്മളെ വീഴ്ത്തി കളയാനായിട്ട് ശ്രമിക്കുന്നു ഒന്ന് ലോകം പിശാജ ജഡം അല്ലെങ്കിൽ ലോകം ജഡം പിശാജ് അപ്പം നമ്മുടെ ആത്മാവിന് മൂന്നെതിരാളികളാണ് അതെന്തൊക്കെയാണ് ലോകം ജഡം പിശാജ് എന്നീ മൂന്ന് തന്ത്രങ്ങളാണ് പിശാജ് കൊണ്ടുവരുന്നത് നമുക്കറിയാം ദൈവത്വത്തിൽ ഒരു തൃത്വമുണ്ട് പിതാവ് പുത്രനെ പലശുദ്ധ ആത്മാവ് എന്ന് പറഞ്ഞതുപോലെ പിശാചിൻ്റെ നമുക്കെതിരെയുള്ള പ്രവൃത്തികളിൽ ഓരോ നിലയിൽ പ്രവർത്തിക്കുന്ന ആ ഇതിനെ ആ ഓരോ നിലയിലുള്ള തന്ത്രത്തെയാണ് ലോകം ജഡം പിശാജ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ സാത്താനിലും ഒരു തൃത്വം നമുക്ക് കാണാൻ കഴിയും അവൻ ഒന്നുകിൽ ലോകം കാണിച്ച് നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കും അല്ലെ ജഡത്തിൻ്റെ ഇച്ഛകളിൽ നമ്മളെ വീഴ്ത്തിക്കളയാൻ ശ്രമിക്കും അതല്ലെങ്കിൽ പിശാചിനെ പോലെ നികളിച്ചോ അല്ലെങ്കിൽ അനുസരണക്കേട് കാട്ടിയോ ദൈവത്തിനെതിരെ മത്സരിച്ച് നമ്മളെ വീഴാനായിട്ട് ശ്രമിക്കും അങ്ങനെ മൂന്ന് വ്യത്യസ്ത തന്ത്രങ്ങളാണ് പിശാചിൻ്റെ ആവനാഴി സാത്താൻ്റെ ആവനാഴിയിലുള്ളത് അതാണ് ലോകം ജഡം പിശാജ് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞത് ദൈവം ഒരു തൃത്വമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നൊരു തൃത്വമാണ് ദൈവം എന്ന് പറഞ്ഞതുപോലെ സാത്താനേയും നമുക്ക് അവൻ്റെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് അവനിലും ഒരു തൃത്വമുണ്ട് എന്ന് നമുക്ക് പറയാം അതാണ് നമ്മളെ ലോകം ജഡം പിശാജ് എന്ന് പറഞ്ഞത് ഇത് സത്യത്തില് അവന് ദൈവമക്കളോട് അല്ലെങ്കിൽ വിശ്വാസികളോട് അല്ലെങ്കിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന മൂന്ന് തന്ത്രങ്ങളാണ് മൂന്ന് ഡയറക്ഷനിലുള്ള മൂന്ന് തന്ത്രങ്ങളാണ് ഒന്നുകിൽ ഈ ജഡത്തിൻ്റെ ഇച്ഛകളിൽ വീഴ്ത്തി അല്ലെങ്കിൽ ലോകം കാണിച്ച് വശീകരിക്കുക അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ലൂസിഫറ് നിളിച്ചതുപോലെ നിഗളിക്കാനായിട്ട് പ്രേരിപ്പിച്ച് ദൈവത്തിനെതിരെ മത്സരിപ്പിക്കുക അതാണ് പിശാജ് അങ്ങനെ ഈ മൂന്ന് തന്ത്രങ്ങളാണ് ആ മൂന്ന് തന്ത്രങ്ങൾ നമുക്ക് എന്താ നമുക്ക് വേണമെങ്കിൽ പിശാജിലുള്ള മൂന്ന് തൃത്വമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവൻ്റെ ഈ മൂന്ന് പദ്ധതികൾ ഈ നിലയിലുള്ള മൂന്ന് പദ്ധതികൾ ഉപയോഗിച്ചാണ് അവൻ എപ്പോഴും ആളുകളെ നേരിടുന്നത് ഈ മൂന്ന് വിദ്യകളാണ് അവൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ വിദ്യയാണ് അവനാദ്യം മുതൽ ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരെയും അവന് അല്ലെങ്കിൽ അവൻ്റെ അന്ത്യന്യായവിധി വരെയും അവൻ മാനവരാശിയുടെ മേൽ ഈ മൂന്ന് തന്ത്രങ്ങൾ മാത്രമേ അവന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഒന്നുകിൽ ലോകം എന്ന തന്ത്രം അല്ലെങ്കിൽ ജഡം എന്ന തന്ത്രം അല്ലെങ്കിൽ പിശാജ് എന്ന് പേരിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രത്യേക നിലയിലുള്ള പ്രവർത്തനവിധം ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം തന്നെ ഈ തന്ത്രം ഈ മൂന്ന് തന്ത്രങ്ങൾ അവനെ കർത്താവിനോടുള്ള ബന്ധത്തിലും അവനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കർത്താവിനുണ്ടായ മൂന്ന് പരീക്ഷകൾ ആ മൂന്ന് പരീക്ഷകളും ഈ ലോകം ജഡം പിശാജ് എന്ന് പറയുന്ന മൂന്ന് തന്ത്രങ്ങളാണ് കർത്താവിനെതിരെ കൊണ്ടുവന്നത് കർത്താവ് തൻ്റെ പരിശുശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് താൻ മരുഭൂമിയിലെ ഉപവാസം ആ നിലയില് പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ പിശാജ് സാത്താൻ അടുത്തു വന്ന് കർത്താവിനെ പരീക്ഷിക്കുന്നത് മത്ത സുവിശേഷം നാലാം അധ്യായം ഒന്നിന് ഒന്ന് മുതല് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങള് അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങള് ഈ സുവിശേഷങ്ങളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് യോഹനന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന ഒരൊറ്റ വാചകത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് പിശാജ് വരുന്നതിനെ അവിടെയും ഒന്ന് ആനുഷംഗികമായിട്ട് പരാമർശിച്ചു പോയിട്ടുണ്ട് അപ്പം നോക്കുക നാല് സുവിശേഷങ്ങളിലും കർത്താവിന് ഉണ്ടായ സാത്താനിൽ നിന്നുണ്ടായ ഈ പരീക്ഷകളെക്കുറിച്ച് പറയുന്നു പക്ഷെ ആ പരീക്ഷകളെല്ലാം എന്താണ് ആ പരീക്ഷകളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ഒന്നുകിൽ ലോകം എന്ന് പറയുന്ന പരീക്ഷ അല്ലെങ്കിൽ ജഡം എന്ന് പറയുന്ന പരീക്ഷ അല്ലെങ്കിൽ പിശാച്ച് എന്ന് പറയുന്ന പരീക്ഷ ഈ മൂന്ന് പരീക്ഷകളായിരുന്നു കൊണ്ടുവന്നത് ആ മൂന്ന് പരീക്ഷകളിലും കർത്താവ് ജയിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ആ പരീക്ഷകളെ കർത്താവിൻ്റെ നേരെ അവൻ കൊണ്ടുവന്ന ആ പരീക്ഷകളെ നമുക്ക് ഒന്ന് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതുപോലെ നമ്മൾ നോക്കുക മർക്കൂസിൻ്റെ സുവിശേഷം മർക്കൂസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് മത്ത എഴുതിയ പറയുന്നത് എന്താണ് അവനെ കൊണ്ടുവന്നിട്ട് കർത്താവിനോട് പറയുന്നു കല്ലിനെ അപ്പമായി ഭക്ഷിക്കാനായിട്ട് പറയുന്നു അത് ജഡമോഹത്തെ കാണിക്കുന്നതാണ് ഈ ശാരീരികമായ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്ത് കല്ലിനെ അപ്പമായി ഭക്ഷിക്കുക കർത്താവ് അതിനോട് എതിർത്ത് നിന്നു അപ്പോൾ അത് ജഡം എന്ന് പറയുന്ന അവൻ്റെ തന്ത്രമാണ് രണ്ടാമത്തേത് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നതെന്താ ദേവാലയത്തിൻ്റെ അഗ്രത്തിലെ കർത്താവിനെ നിർത്തി എന്നിട്ട് താഴേക്ക് ചാടുക ചാടുമ്പോൾ നിന്നെ ദൂതന്മാരോട് കൽപ്പിക്കും കാൽ കല്ലിൽ തട്ടാതെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നവൻ പറയുന്നുണ്ട് അപ്പോൾ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് യേശു താഴേക്ക് ചാടുന്നു താഴെ വീഴാതെ ദിവ്യമായ നിലയിൽ ദൂതന്മാരെ കർത്താവിനെ വഹിക്കുന്നു അങ്ങനെ അത് കണ്ടു നിൽക്കുന്ന ദേവാലയത്തിൽ വരുന്ന എല്ലാവരുടെയും മാനം നേടാനായിട്ടുള്ള ഒരു മാർഗമാണ് ലോകമാനം നേടാനായിട്ടുള്ള ഒരു മാർഗമാണ് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി താഴേക്ക് ചാടുക എന്ന ആ പ്രലോഭനത്തിലൂടെ പിശാജി മുന്നോട്ട് വെച്ചത് അപ്പോൾ അത് ഈ പിശാചിൻ്റെ മൂന്ന് തന്ത്രങ്ങളിൽ ഏതിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് ലോകം എന്ന് പറയുന്ന തന്ത്രത്തെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ജഡം എന്ന് പറഞ്ഞ തന്ത്രമാണ് കൊണ്ടുവന്നത് കർത്താവ് അതിനെ ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ദേവാലയത്തിൻ്റെ അകരത്തിൽ നിന്ന് താഴെ ചാടി ആളുകളുടെ മാനം നേടുക പോറൽ പോലും കർത്താവ് ആ നിലയിൽ നിൽക്കുമ്പോൾ ആളുകളുടെ മാനം നേടാനായിട്ട് കഴിയും ലോകത്തിൻ്റെ അംഗീകാരം അത് പിടിച്ചു പറ്റാനായിട്ട് കഴിയും എളുപ്പവഴിയിൽ എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമാകാനുള്ള ഒരു പ്രലോഭനമാണ് പിശാച വെച്ച് നീട്ടിയത് പക്ഷേ കർത്താവ് അതിനെയും ജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മൂന്നാമത് അവൻ എന്ത് ചെയ്യുന്നു മൂന്നാമത് ഒരു ഉയർന്ന മലയിലെ കർത്താവിനെ കൊണ്ടുവന്നിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളെയും മഹത്വത്തെയും കർത്താവിനെ കാണിച്ചു എന്നിട്ട് കർത്താവിനോട് പിശാജ് സ സാത്താൻ പറയുന്നു വീണ് എന്നെ നമസ്കരിച്ചാൽ മതി വീണ് എന്നെ നമസ്കരിക്കുക കണ്ടോ അവിടെ സാത്താനെ വീണ് നമസ്കരിക്കാനായിട്ട് പറയുമ്പോൾ അവിടെ എന്താണ് ആ എന്ന് പറഞ്ഞ ആ തന്ത്രമാണ് അവൻ കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ മേൽ ആ ജയം നേടാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവൻ കൊണ്ടുവരുന്നത് കർത്താവ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് ഇവിടെ കണ്ടോ കർത്താവ് അവനോട് പറയുമ്പോൾ ആ സാത്താനേ എന്നെ വിട്ടുപോകും കർത്താവ് അവിടെ പറയുന്നത് നേരത്തെ കല്ലിനെ അപ്പമാക്കി ഭക്ഷിക്കാൻ പറയുമ്പോൾ കർത്താവ് മറ്റൊരു വചനം ഉദ്ധരിച്ചു ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴേക്ക് ചാടാനും ദൂതന്മാരെ നിൻ്റെ കാല് തട്ടാതെ സൂക്ഷിച്ചു കൊള്ളുമെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് ഒരു ഭേദവചനം ഉദ്ധരിച്ചു ഇവിടെയോ ഉയർന്ന മലയിൽ സകല രാജ്യങ്ങളെയും മഹത്വത്തെയും കാണിച്ച് വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ ലോകം മുഴുവൻ ഇതിലെ സകല രാജ്യങ്ങളെയും മഹത്വത്തെയും തരാം ഒരൊറ്റ കണ്ടീഷൻ വീണ് ഒന്ന് നമസ്കരിച്ചാൽ മതി എൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് പിശാചെന്ന തന്ത്രമായിരുന്നു പക്ഷെ ഇവിടെ കർത്താവ് ഒരു ദൈവവചനം ഉദ്ധരിക്കുന്നതിന് മുമ്പ് കർത്താവ് എന്തു ചെയ്യുന്നു സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയുന്നു അപ്പം ഇവിടെ വന്നത് പിശാജ് സാത്താൻ തന്നെയാണ് സാത്താൻ തന്നെയാണ് പിശാജ് എന്ന തൻ്റെ തന്ത്രമാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളത് കർത്താവിന് കർത്താവ് അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവനെ ശാസിക്കുന്നതും ആ പരീക്ഷയിലും ജയം നേടുന്നതും ഇവിടെ കണ്ടോ കർത്താവ് സാത്താനെ എന്നെ വിട്ടുപോകൂ എന്ന് പറയുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും യാക്കോബ നാലിൻ്റെ ഏഴിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണ് കർത്താവ് ഇവിടെ അവൻ്റെ തന്ത്രം പിശാചെന്നുള്ള തന്ത്രമാണ് ലോകവും ജഡവും നേരത്തെ കൊണ്ടുവന്നു ഇത് പിശാചെന്ന തന്ത്രമാണെന്ന് മനസ്സിലാക്കി അവനെ അഭിമുഖമായിട്ട് സാത്താനെ എന്നെ വിട്ടുപോകും എന്ന് പറഞ്ഞ് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന യാക്കോബി നാലേഴിലെ ആ വചനം അന്യൂർഥമാക്കി കർത്താവ് പ്രവർത്തിക്കുന്നതാണ് കണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് പിശാചിൻ്റെ കയ്യിൽ മൂന്ന് തന്ത്രങ്ങളാണുള്ളത് അതാണ് അവൻ്റെ തൃത്വം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അതെന്താ ചെയ്തത് അവന് നമ്മൾ കണ്ടു അത് മൂന്ന് തരത്തിൽ ഒന്നുകിൽ നമ്മുടെ ജഡേച്ഛകൾ നമ്മുടെ ശരീരത്തിനെ ഉന്നം വെച്ചിട്ടുള്ള ആ നിലയിലുള്ള പരീക്ഷ അതാണ് ജഡം എന്ന് പറയുന്ന പരീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ ഉണർത്തി ഈ ലോകത്തിൻ്റെ അംഗീകാരവും ലോകത്തിലുള്ളവരുടെ പ്രശംസയും ഒക്കെ നേടാനായിട്ട് നമ്മളെ ആ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ദേഹിയെ പ്രലോഭിപ്പിക്കുന്ന കാര്യം അതാണ് ലോകം എന്ന് പറയുന്ന തന്ത്രം മൂന്നാമത് നമ്മ പിശാചിൻ്റെ മുമ്പിൽ തന്നെ മുട്ടുകൂത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ നിലയിൽ നമ്മുടെ ആത്മാവിനെ കീഴടക്കാനായിട്ടുള്ള ശ്രമം ആത്മാവിനെ ഉന്നം വച്ചിട്ടുള്ള അവൻ്റെ പ്രവർത്തനം അതാണ് പിശാജ് എന്ന് പറയുന്ന തന്ത്രം ഈ മൂന്ന് തന്ത്രങ്ങൾ ഇതാ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ പരശുശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് പിശാജ് കൊണ്ടുവരുന്നു ഈ മൂന്ന് പരീക്ഷകളിലും കർത്താവ് എന്തു ചെയ്തു കർത്താവ് അത് മനസ്സിലാക്കി ജഡേ ജഡത്ത് എന്നെ നിന്നു കല്ലപ്പമാക്കുക എന്നുള്ള പ്രലോഭനത്തെ അതിജീവിച്ചു അതുപോലെ ലോകം എന്ന് പറയുന്ന ആ തന്ത്രത്തെ അതിജീവിച്ചു മൂന്നാമത് പിശാജ് എന്ന് പറയുന്ന തന്ത്രത്തെ അതിജീവിച്ചു അപ്പോൾ കർത്താവ് തൻ്റെ പരശിശുശ്രൂഷയ്ക്ക് മുമ്പ് സാത്താൻ്റെ ലോകം ജഡം പിശാജ് എന്ന മൂന്ന് തന്ത്രങ്ങളെയും കർത്താവ് അതിജീവിച്ചവനാണ് അതുകൊണ്ടാണ് എബ്രായർ നാലിൻ്റെ പതിനഞ്ചിൽ നമ്മളോട് പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്തവനാണവൻ കർത്താവ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലാ നമ്മളും പരീക്ഷിക്കപ്പെടുന്നത് ആ മൂന്ന് കാര്യങ്ങളിൽ കർത്താവും പരീക്ഷിക്കപ്പെട്ടു എബ്രായ രണ്ടിന്റെ പതിനെട്ട് നോക്കുക അവിടെയും പറയുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു കർത്താവപ്പം ഈ നമുക്ക് നേരെ പിശാജ് കൊണ്ടുവരുന്ന ഈ മൂന്ന് പരീക്ഷകളിലും താൻ പരീക്ഷിതനായി അതുകൊണ്ട് നമ്മളെ സഹായിപ്പാനും നമ്മളോട് സഹതാവം കാണിപ്പിനും കഴിവുള്ളവനായി തീർന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പിശാജിൻ്റെ ഈ മൂന്ന് തന്ത്രങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാം അതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രിയമുള്ളവർ നമ്മെ പാപത്തിൽ വീഴ്ത്തിക്കളയാൻ പിശാജ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് ലോകം ജഡം പിശാജ് എന്നീ ത്രിവിധമായ അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ നമ്മളോട് രണ്ട് കോരിന്റ രണ്ടിൻ്റെ പതിനൊന്നിൽ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ തന്ത്രങ്ങളെ നമ്മളറിയണം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അറിയുന്നത് എഫ് എ പറയുന്നു സാത്താൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ പോകുവാൻ ഇടവരാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് അതുപോലെ എഫ് എ സി ആർ ആറിൻ്റെ നമ്മൾ കാണുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് അപ്പോൾ അവൻ്റെ ഈ നിലയിലുള്ള തന്ത്രങ്ങളെ നമ്മൾ അറിയണം ഇത് ഈ മൂന്ന് തന്ത്രങ്ങളാണ് അവന് ആദ്യം മുതൽ തന്നെ ഉള്ളത് നമുക്ക് ആദ്യ മാതാപിതാക്കളുടെ അടുത്ത് ഈ തന്ത്രമാണ് അവന് ഉപയോഗിച്ചത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഫലം എന്ന് പറയുന്നത് തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും അതുപോലെ തന്നെ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് പറയുന്നിടത്ത് നമ്മൾ നേരത്തെ നമ്മൾ കണ്ട ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം തിന്മാൻ നല്ലത് ജഡത്തിനത് നല്ലതാണ് കാണുവാൻ ഭംഗിയുള്ളത് കണ്മോഹം ലോകം ജഡം ലോകം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം ജീവനത്തിൻ്റെ പ്രതാപം പിശാജ് അപ്പം ജഡം ലോകം പിശാജ് എന്ന ഈ ത്രിവിധമായ തന്ത്രങ്ങളാണ് ആദിപ മാതാപിതാക്കളുടെ അടുത്ത് ഏതെൻ തോട്ടത്തിൽ അവന് തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന പരീക്ഷയിലും ലോകം ജഡം പിശാച ഈ മൂന്ന് തന്ത്രങ്ങളും അവൻ കൊണ്ടുവന്നു എന്ന് നമ്മളെ കണ്ടു ഇതിനുശേഷം കർത്താവ് താന് പരശുശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ പിശാചിൻ്റെ ഈ മൂന്ന് തന്ത്രങ്ങളെയും പൊളിച്ചു കാട്ടുന്ന ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് ഈ ഉപമ അവിടെ നമ്മൾ വിതയ്ക്കുന്നവൻ്റെ ഉപമ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഉപമ ഇവൻ്റെ പിശാചിൻ്റെ ഈ ലോകം ജഡം പിശാജ് ഈ മൂന്ന് തന്ത്രങ്ങൾ ആണ് അവിടെ അവൻ പയറ്റിയിരിക്കുന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഈ ഉപമ കർത്താവ് പറഞ്ഞ ഈ ഉപമ നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണല്ലോ കർത്താവ് താൻ അനുഭവിച്ച കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത് പറയുന്നത് നമ്മൾ ഓർക്കണം ആദിമ മാതാപിതാക്കളുടെ അടുത്ത് ഈ മൂന്ന് തന്ത്രങ്ങളും അവൻ കൊണ്ടുവന്നു ലോകം ജഡം പിശാജ് അത് തിന്മാൻ നല്ലത് കാണുവാൻ ഭംഗിയുള്ളത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം ജഡം ലോകം പിശാജ് ഇത് മൂന്നും കൊണ്ടു വന്നു യേശുവിൻ്റെ അടുത്ത് കല്ലിനെ അപ്പമാക്കി ഭക്ഷിപ്പാനായിട്ട് ജഡമോഹം അതുപോലെ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടി ലോകത്തിൻ്റെ അംഗീകാരം നേടാനുള്ള അടുത്ത് ലോകം അതുപോലെ വീണ തന്നെ നമസ്കരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിടത്ത് പിശാജ് എന്നിങ്ങനെയുള്ള മൂന്ന് തന്ത്രങ്ങളും ആവനാഴിയിലെ മൂന്ന് ആയുധങ്ങളും അവൻ ആദിമ മാതാപിതാക്കളുടെ അടുത്തും കർത്താവിൻ്റെ അടുത്തും എടുത്തുപയോഗിച്ചു എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത് മൂന്നും വേണ്ടി വരികയില്ല നമുക്കൊക്കെ നമ്മുടേതായ ചില താല്പര്യങ്ങളുള്ളത് കൊണ്ട് ചിലർക്ക് ജഡത്തോടായിരിക്കും കൂടുതലൊരു ചായ്വുള്ളത് വേറെ ചിലർക്ക് ലോകത്തോടായിരിക്കും അപ്പം ഏതാണോ ഓരോരുത്തർക്കും ആവശ്യം അതുപയോഗപ്പെടുത്തിയാണ് അവനവരെ വീഴ്ച്ച് വീഴ്ച്ചു കളയുന്നത് കർത്താവ് പറഞ്ഞ ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ ഓരോരുത്തരെയും വീഴ്ത്തിയത് ഇതിൽ ഓരോ തന്ത്രം ഉപയോഗിച്ചാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വിതയ്ക്കുന്നതിൻ്റെ ഉപമയൊന്ന് നോക്കാം മത്തായി എഴുതിയ സുശേഷം പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലും മർക്കോസ് നാലിൻ്റെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസ് എട്ടിൻ്റെ നാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലും ഈ ഉപമ കർത്താവ് തന്നെ പറയുകയും കർത്താവ് തന്നെ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം അത് അവിടെ ഈ ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് നോക്കാം അവിടെ എന്താ കാണുന്നത് ഒന്ന് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയരികെ വീണു പറവകൾ വന്നത് തിന്നുകളഞ്ഞു അത് നഷ്ടമായിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ പറയാം പാപത്തിൽ വീഴ്ത്താനായിട്ട് പറവ കൊണ്ട് ഈ വിത്തനെ എടുത്ത് കളയുന്ന ഒരു തന്ത്രമായിരുന്നു അവിടെ പയറ്റിയത് രണ്ടാമത്തേത് പാറസ്ഥലത്ത് വീണ് അവിടെ ഉഷ്ണത്തിൽ അതിന് മണ്ണിന് താഴ്ചയില്ലായികിയാൽ അത് ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം അത് വീണ് അതൽപ്പം വളർന്നെങ്കിലും ചൂട് തട്ടിയപ്പോൾ നിലനിൽക്കാൻ വേരില്ലായകൊണ്ട് അത് ഉണങ്ങിപ്പോയി ആ ഒരു തന്ത്രത്തിലാണ് ഈ രണ്ടാമത് പറഞ്ഞ പാറസ്ഥലത്ത് വീണതുപോലുള്ള വിശ്വാസികളെ സാത്താൻ അവരുടെ അവരെ നിഷ്ഫലരാക്കി തീർക്കുന്നത് മൂന്നാമത് മുള്ളിനിടയിൽ വീണു മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിളഞ്ഞതുമില്ല അവിടെ നമ്മൾ കാണുന്നത് മുള്ളിനിടയിൽ വീണത് അല്പം വളരുകയൊക്കെ ചെയ്തു പക്ഷേ എന്ത് പറ്റി മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് വിളഞ്ഞതുമില്ല ഇത് മൂന്നാമതൊരു വിശ്വാസികളെ കുറിക്കുന്നതാണ് അതും പാപത്തിൽ വീഴ്ച്ച് പിശാജ് അവരുടെയും വിരുന്ന് തെറ്റിച്ച് കളഞ്ഞു നാലാമത് നല്ല സ്ഥലത്ത് വീണത് മുപ്പതും അറുപത് നൂറും മേനിയായിട്ട് വിളവ് നൽകി ഇതിൻ്റെ പൊരുൾ നമ്മൾ നോക്കുക നമുക്ക് ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ഒന്നാമത് ഇവരുടെ വിരുന്ന് തെറ്റിച്ച് കളഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മുള്ളിനിടയിൽ വീണതാണ് അതിൻ്റെ വിശദാംശങ്ങൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് മുള്ളിനിടയിൽ വീഴുക എന്ന് പറഞ്ഞാൽ എന്താണ് മർക്കോസ് നാലിൻ്റെ പത്തൊൻപതിലെ പറയുന്നു ആ മുള്ളെന്ന് പറയുന്നത് ഇഹലോകത്തിൻ്റെ ചിന്ത ധനത്തിൻ്റെ ധനത്തിൻ്റെ വഞ്ചന മറ്റേ വിഷയമോഹങ്ങൾ വറീസ് ഓഫ് ദ വേൾഡ് ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ് ഡിസേഴ്സ് ഫോർ അതർ തിങ്സ് ഇതിനെ ഈ മുള്ള എന്ന് പറയുന്നതിനെ പിശാജിൻ്റെ ലോകം എന്ന് പറഞ്ഞ തന്ത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെ ഇഹ ലോകത്തിൻ്റെ ചിന്ത എന്ന് നാലിൻ്റെ പത്തൊമ്പതിൽ കർത്താവ് എടുത്ത് ലോകം എന്നുള്ള വാക്ക് തന്നെ വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ധനം ഈ ലോകത്ത് ആളുകൾക്ക് അംഗീകാരമൊക്കെ വേണമെങ്കിൽ ധനത്തിൻ്റെ വഞ്ചന ധനം പിന്നെ മറ്റു വിഷയമോഹങ്ങൾ എന്ന് പറയുന്നിടത്ത് നമ്മൾ വിചാരിക്കും വിഷയമോഹം എന്ന് പറഞ്ഞപ്പം ജഡത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ഡിസേഴ്സ് ഫോർ അതർ തിങ്സ് എന്നാണ് അപ്പോൾ ഇത് ലോകത്തിൻ്റെ ആകർഷണത്തിൽ പെട്ട് ആ നിലയിൽ അത് നഷ്ടമായി പോയി പാപത്തിൽ വീണുപോയി ഫലം കൊടുക്കാതായി ഇതാണ് അവിടെ കാണുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെയും പറഞ്ഞു ദേമാസിനെ കുറിച്ച് പറഞ്ഞു രണ്ട് തീമത്തിയൂസ് നാലിൻ്റെ പത്ത് ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് അപ്പോൾ വിശ്വാസിയായിരുന്നു ദേമാസ് ദൈവശുശ്രൂഷയിൽ വേലക്കാരനൊക്കെ ആയിരുന്നു പക്ഷേ കുറഞ്ഞ് കഴി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു ഇഹലോകത്തിൻ്റെ ചിന്ത തനത്തിൻ്റെ വഞ്ചന മറ്റ് ആഗ്രഹങ്ങൾ ലോകത്തോടുള്ള ബന്ധത്തിലുള്ള ആഗ്രഹങ്ങൾ ഇതാണ് ലോകത്തിൽ വീഴിച്ചു ഇതിനെ നമ്മൾ ആ ഭാഗത്ത് നോക്കുമ്പോൾ രണ്ട് തീമ്പത്തി ദിവസം നാലിൻ്റെ നോക്കുമ്പോൾ അവനെ ഈ ഇഹലോകത്തിൻ്റെ അവനെ ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നുള്ളിടത്ത് അവിടെ പൗലോസ ഇംഗ്ലീഷിൽ പറയുന്നത് ദേമാസ് ലവ്ഡ് ദ പ്രസൻറ്റ് ഏജ് വർത്തമാന ആണ് അവൻ സ്നേഹിച്ചത് അപ്പം ഈ ലോകമെന്ന് പറയുമ്പോൾ ആദ്യം മുതൽ തന്നെ ലോകം ആകർഷണീയമായിട്ടുണ്ട് എന്നാൽ ഓരോരുത്തരും ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരവർക്ക് അവരവരെ വശീകരിക്കുന്ന ആ വർത്തമാന പ്രത്യേക ആകർഷണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു ഇരുപത് കൊല്ലം മുമ്പ് ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പുതിയ ടെക്നോളജിയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഈ കാലഘട്ടത്തിലാണുള്ളത് അപ്പം ഓരോ കാലഘട്ടത്തിനും ലോകത്തിലേക്ക് നമ്മളെ ആകർഷിക്കാൻ ആ പ്രസൻറ്റ് ഏജിൻ്റെ ഇതായ ആകർഷണങ്ങളുണ്ട് ദേമാസിനെ എന്താ പറയുന്നത് ധേമാസ് വ് ദ പ്രസൻ്റ് ഏജ് വർത്തമാന കാലഘട്ടത്തെ ആണവൻ അവൻ സ്നേഹിച്ച് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ലോകം എന്ന് പറയുന്ന ആ ഒരു ആയുധമാണ് ആ ഒരു തന്ത്രമാണ് ഇവിടെ മുള്ളിനിടയിൽ വീണതിനെതിരെ മുള്ള എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ രണ്ടാമത്തേത് താഴെ നിന്ന് മുകളിലെട്ടർ നോക്കുമ്പോൾ പാറ വീണു മുളച്ചു വേരില്ലായാൽ ഉണങ്ങിപ്പോയി അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ പൊരുൾ എന്താണെന്ന് മർക്കോസ് നാലിൻ്റെ പതിനേഴിലെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് വചനം നിമിത്തം ഉപദ്രവമോ പീഠയോ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നതാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം എന്താണ് ജഡം എപ്പോഴും സുഖാന്വേഷണങ്ങളുള്ളതാണ് ജഡത്തിന് ഒരു ഉപദ്രവമോ പീഠയോ ഇഷ്ടമല്ല ഉപദ്രവോ പീഠയോ ശരീരത്തിലേൽക്കുന്നത് താൽപ്പര്യമില്ല കാരണം ജടം സു സുഖമന്വേഷിക്കുന്നു സ്വേച്ഛന്വേഷിക്കുന്നതാണ് അതുകൊണ്ട് പാറസ്ഥലത്ത് വീണത് മുളച്ചു വന്നില്ല ഉണങ്ങിപ്പോയി അതിന് കാരണം ഉപദ്രവവും പീഡയും സഹിപ്പാൻ കഴിയില്ലാത്ത ജഡത്തിൻ്റെ ആ ഒരു താല്പര്യമാണ് അതിന് കീഴടങ്ങിയാണ് ആ വിശ്വാസി പാപത്തിൽ വീണു എന്ന് പറയാം അപ്പോൾ ലോകം കണ്ടു ജഡം കണ്ടു പിന്നെ നമ്മൾ നമ്മൾ കാണുന്നത് ഏറ്റവും ആദ്യം ായിട്ട് പറയുന്നത് വഴിയരികെ വീണ വിത്ത് അത് പറവ വന്ന് കൊത്തിക്കൊണ്ട് പോയി അതിനെക്കുറിച്ച് കർത്താവ് തന്നെ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുമ്പോൾ നാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു സാത്താൻ വന്ന് വചനം എടുത്തു കളയുന്നു അപ്പോൾ സാത്താൻ എന്നുള്ള ആ തൃത്വത്തിലെ പിശാജ് എന്ന് പറയുന്ന ആ ഒരു തന്ത്രമാണവിടെ വചനം വീണു പക്ഷേ അത് പ്രയോജനപ്പെടാതെ അത് പിശാച്ച് എന്നു പറയുന്ന ആ നിലയിലുള്ള ഒരു തന്ത്രത്തിലൂടെ സാത്താൻ വന്ന് വചനമെടുത്തു കളഞ്ഞു എന്നവിടെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നോക്കുക ലോകം ജഡം പിശാജ് ഈ മൂന്ന് തന്ത്രങ്ങളാണ് അവൻ കൊണ്ടുവന്നിരുന്നത് നമ്മളതിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണം നമുക്ക് മുന്നോടിയായിട്ട് കർത്താവ് ഈ കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയി ജയാളിയായിട്ട് നിൽക്കുന്നു കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന മുഴുവൻ തന്ത്രങ്ങളും ഒരുപക്ഷെ അവൻ കൊണ്ടുവന്നെന്ന് നമുക്ക് ചില പ്രത്യേക പാപങ്ങളോട് താല്പര്യങ്ങൾ കാണും ഒന്നുകിൽ ലോകം അല്ലെങ്കിൽ ജഡം അല്ലെങ്കിൽ പിശാജ് അവന് നമ്മുടെ പ്രത്യേകതയെ ആ തന്ത്രം ഉപയോഗിച്ച് നമ്മളെ വീഴ്ത്തിക്കളയാൻ ശ്രമിക്കും നമ്മളതിൽ വീണു പോകരുത് മറിച്ച് മുപ്പതും അറുപതും നൂറും മേനി ഫലം കായ്ക്കുന്നവരായിട്ട് നമ്മളായിരിക്കണമെന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാ